എല്ലാവർക്കും എൻ്റെ പ്രധാന മഹാബലി അസുര ചക്രവർത്തിയാണ് അതുകൊണ്ട് തന്നെ ദേവന്മാരുമായി എപ്പോഴും സംഘർഷം ഉണ്ടാവുക സ്വാഭാവികം അങ്ങനെ ദേവന്മാരുമായി യുദ്ധം ചെയ്തു ദേവലോകം ഒക്കെ കീഴടക്കി വളരെ ഗംഭീരനായി രാജ്യം ഹരിക്കുക ഒരു യജ്ഞശാല സ്ഥിരമായി തന്നെ ഉണ്ട് അവിടെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് യജ്ഞങ്ങൾ നടക്കുക ഈ അവസരത്തിലാണ് അസുരന്മാർ പിടിച്ചുവച്ചിരിക്കുന്ന സ്വർഗവും ഒക്കെ തിരിച്ച് വാങ്ങിക്കൊടുക്കാനായി ഭഗവാൻ വാമനായി അവതരിച്ചത് ഭഗവാൻ എന്തിനവതരിച്ചു അതല്ല അത് തിരിച്ചു വാങ്ങിച്ചു തരണം എന്ന ദേവമാതാവും മറ്റും വളരെ ഏകാഗ്രതയോടുകൂടി ഭഗവാൻ അധ്യാനിച്ച് ആവശ്യപ്പെട്ടു ഭഗവാൻ വാമനനായി അവതരിച്ചു വാമനൻ പദ്ധത്തിന് തന്നെ പൊക്കമില്ലാത്തവൻ ഒരു ബ്രഹ്മചാരി വടു ഗംഭീരനായ ഒരു വടു തേജോമയമായ മുഖം ഒരു ചെറിയ കൊട കണ്ടു പാതുകങ്ങൾ ഇങ്ങനെ ബ്രഹ്മചാരിക്കെന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നേരെ നടന്ന ിയുടെ യജ്ഞശാലയിൽ ചെല്ലുക മഹാബലി കണ്ടു തേജോമേനായ ഒരു ബ്രഹ്മചാരി വേഗമടുത്തിയെന്നും പ്രണമിച്ചു ആദരവോടുകൂടി എതിരേറ്റുകൊണ്ടെന്ന് ഒരിപ്പിടം തള്ളി ഇരുത്തി എന്നിട്ട് ചോദിച്ചു ബ്രഹ്മചാരി അങ്ങക്കെന്താണ് വരുന്നത് പറഞ്ഞു എനിക്ക് ഒരു മൂന്നടി സ്ഥലം വേണം അപ്പോ മഹാബലി പറഞ്ഞു എന്തിനാ ഈ മൂന്നടി എത്ര വേണോ അളന്നെടുത്തോളു എന്റെ അടുത്ത് എന്തെങ്കിലും വ്യാജിച്ച് പോകാൻ വരുന്ന ഒരാൾ പിന്നെ മറ്റാരുടെ അടുത്തും പോകാൻ ഇടവരരുത് ഞാനങ്ങനെ അവരുടെ അഭിലാഷമെല്ലാം സാധിച്ചു കൊടുക്കും അപ്പോ വാമനൻ പറഞ്ഞു എനിക്കത് ആവശ്യമില്ല എനിക്ക് മൂന്നടി മണ്ണേർ വേണ്ടു ഞാൻ എന്തിനാ കൂടുതൽ അങ്ങരുതെന്നും ചോദിച്ചു പോകുന്നു മനുഷ്യജീവിതം ആവശ്യമുള്ളത് നേടി എപ്പോഴും തൃപ്തി അനുഭവിക്കണം സന്തോഷം അനുഭവിക്കണം വാമനൻ പറഞ്ഞു യദൃയാ ചോപന്നന്തുഷ്ടോ വർത്തേ സുഖം നസന്തുഷ്ടിർലോകൈ അജിതത്മാ ഉപസാദിതാവശ്യമുള്ളത് യാദർച്ഛികമായി കിട്ടുന്നു ജോലി ചെയ്തിട്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് സന്തോഷം അനുഭവിക്കണം നിരകളിച്ച് സന്തോഷം അനുഭവിക്കാൻ മനസ്സിനെ പഠിപ്പിക്കാത്ത ഒരാൾ അജിതാത്മാ എന്ന് പറയുന്ന അവ മനസ്സിനെ ജയിക്കാത്തവൻ എന്തു കിട്ടിയാലും സന്തോഷമില്ല അങ്ങനെയുള്ളയാൾക്ക് ത്രിഭുര ലോകയിൽ മൂന്നു ലോകങ്ങൾ കൊടുത്താലും അലയോ മഹാബലേ അയാൾക്കൊരിക്കലും തൃപ്തി വരില്ല അതുകൊണ്ട് എനിക്കാവശ്യമുള്ളത് മതി മൂന്നടി എന്തിനാ പംസോയം സംസ്കൃതേതു അസന്തോഷോ അർത്ഥകാമയോഹോ എതിർച്ചയോപന്നേഷു സന്തോഷോ മുക്തയെ സ്മർത്താൻ ഗംഭീരമായ ഒരു ജീവിതരഹസ്യം എവിടെയാണ് സംസാരം ദുഃഖം അസന്തോഷോ അർത്ഥകാമയോ അർത്ഥകാമങ്ങളിൽ സന്തോഷം ഇല്ലായ്മ ഉള്ളതിൽ സന്തോഷം ഇല്ലായ്മ ഇപ്പൊ കുറച്ചൊക്കെ ഉണ്ട് അതിൽ സന്തോഷമില്ല കുറച്ചൊക്കെ പണമുണ്ട് ഒരു വീടുണ്ട് അത്യാവശ്യത്തിലുള്ള പൈസ ദിവസേന കിട്ടുന്നുണ്ട് തീരെ സന്തോഷമില്ല അസന്തോഷോ അർത്ഥ കാമയോ അർത്ഥത്തിൽ സമ്പത്തിൽ ഉള്ള സമ്പത്തിൽ സന്തോഷമില്ല കാമത്തിൽ കൂടുതൽ കൂടുതൽ ആഗ്രഹം അതിൽ സന്തോഷമില്ല അതങ്ങനെ സർ ഈ ഇതിലൊക്കെ സന്തോഷം വന്നാൽ പിന്നെ നമ്മൾ പ്രവർത്തിച്ചില്ലല്ലോ എന്താ പ്രവർത്തിച്ചാൽ ഇവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം നാം നിൽക്കുന്നയിടത്ത് സന്തോഷം അനുഭവിക്കുക അനുഭവിച്ചും കൊണ്ട് ായമായി ചെയ്യാനുള്ള കർമ്മം വിട്ടുവീഴ്ച കൂടാതെ ചെയ്യുക വീണ്ടും കൂടുതൽ അർത്ഥം വരും വീണ്ടും നാം കർമ്മം ചെയ്യുന്നു കിട്ടാനുള്ളത് കിട്ടും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക ഒരാളിന് കുറച്ച് പൈസയൊക്കെ ഉള്ളൂ ചെറിയ വീടേ ഉള്ളൂ മനസ്സിനെ അവിടെ സന്തോഷിക്കാൻ പഠിപ്പിക്കുക എന്തുകൊണ്ട് എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രമേ മനസ്സ് പിന്തുടരൂ ഇതിൽ സന്തോഷിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചു നാളെ കുറച്ചുകൂടെ പണം കിട്ടി കുറച്ചുകൂടെ നല്ലൊരു വീട് വെച്ചു സന്തോഷിക്കുന്നു എന്നുവച്ച് കുറച്ചുകൂടെ നല്ലൊരു വീട് വയ്ക്കുന്നതിന് ആ സന്തോഷം ഒരിക്കലും തടസ്സമല്ലല്ലോ തടസ്സം ആകരുത് അതിനു ശീലിക്കണം ഞാൻ ഇന്നുള്ളതുകൊണ്ട് നല്ല തൃപ്തനായി കർമ്മം ചെയ്യുന്നു കൂടുതൽ വരുന്നു വരട്ടെ ഭഗവാന്റെ കാരുണ്യം കുറച്ചുകൂടെ നല്ലൊരു വീട് വയ്ക്കാനുള്ള പണം കിട്ടി വീട് വയ്ക്കുന്നു എന്താ നിങ്ങളത് ഒക്കെ ഭഗവാന്റെ കാരുണ്യം നേരെ നിറച്ച് അസന്തുഷ്ടനാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ സന്തോഷമില്ല സന്തോഷമില്ലായ്മ മനസ്സിന്റെ ഭാഗമായിത്തീരുന്നു വീണ്ടും ജോലി ചെയ്തു പണം കിട്ടി ഒരു നല്ല വീട് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായി സന്തോഷമില്ല നല്ലൊരു വീട് വെച്ചു ഇപ്പൊ സന്തോഷമുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല സന്തോഷമില്ലായ്മ മനസ്സിനെ പഠിപ്പിച്ച് വാസനയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ എത്ര കാര്യങ്ങളാണ് ചിലർക്കൊന്നും പോരാ ഇവിടെയൊക്കെ അടുത്തൊക്കെ തന്നെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അർത്ഥകാലങ്ങൾക്ക് വേണ്ടി പണം കടം വാങ്ങുന്നു കടം വാങ്ങിച്ചു ഇവിടെയൊക്കെ ആരോ തന്നെ ബാങ്കിനുമൊക്കെ പത്തിരുപത്തഞ്ച് ലക്ഷം കടമെടുത്തു ലാഡ്ജ് കിട്ടി അല്ലെങ്കിൽ വരെ എന്തെങ്കിലും കിട്ടി അത് പൂർത്തിയായില്ല വീണ്ടും കടം വാങ്ങിച്ചു ഒരിടത്തും സന്തോഷമില്ല അതിനൊക്കെ ഒൻപിച്ച പലിശ കൊടുക്കേണ്ടി വന്നു എന്തിനാ ഏതാനും കേസുകൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് ലാജ്യം പൂർത്തിയായില്ല കുടുംബസമേതം ആത്മഹത്യ ചെയ്തു ഇവിടെ വാമനൻ നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ജോലി ചെയ്യരുതെന്നോ കൂടുതൽ പണം ഉണ്ടാക്കരുതെന്നോ കൂടുതൽ സുഖസാമഗ്രികൾ സമ്പാദിക്കരുതെന്നോ ഒന്നുമല്ല അർത്ഥം ഏത് ഘട്ടത്തിലും മനസ്സിനെ സന്തോഷിക്കാൻ പഠിപ്പിക്കൂ വിശേഷിച്ചും ഈ സത്യബോധം അതാണോ ഈ സത്യബോധം ഇല്ലെങ്കിൽ പറ്റില്ല ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് വല്ലാത്തൊരു സോക്കേട് വന്നു സാർ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുഞ്ഞുങ്ങൾക്കോ സോക്കേട് വന്നു ഞാൻ സന്തോഷിക്കണം എന്ന് വെച്ചാൽ പറ്റുമോ അത് പറ്റാൻ ആ സോക്കേട് ചികിത്സിക്കാൻ അല്ലെങ്കിൽ വാശിയാക്കാൻ നമ്മുടെ കഴിവ് അനുസരിച്ച് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ തേടണം അതിനൊക്കെ ഓരോ കഴിവുമുണ്ട് അവിടെയും ഇപ്പം പലരും നല്ല ഒരു സോക്കയുടെ അമേരിക്കയിൽ പോയി ചികിത്സിക്കാം എല്ലാവർക്കും ഇത് പറ്റിയെന്ന് വരുമോ ഇവിടെ കിട്ടുന്ന നല്ല ഡോക്ടറെ കൊണ്ടൊക്കെ ചികിത്സിപ്പിക്കുക അമേരിക്കയിൽ പോകാൻ പണമില്ല എന്നാൽ കടം വാങ്ങാം എത്ര കടം വാങ്ങും ഒരു പരിധി വരെ നമുക്ക് എല്ലാം ഈ സത്യബോധമുണ്ടെങ്കിൽ എത്ര കടം വാങ്ങണം ഒക്കെ വ്യക്തമാവും എത്ര ചികിത്സിച്ചിട്ടും സോക്കേട് മാറുന്നില്ല അപ്പോഴോ സാർ അപ്പോഴെന്തിനും സന്തോഷമായി ആ രോഗിയെ ശുശ്രൂഷിക്കണം അല്ല ശുശ്രൂഷിക്കാം സന്തോഷിക്കാൻ പറ്റുമോ സാറ അവിടെയാണ് കൃഷ്ണൻ ചോദിക്കുന്നത് നിങ്ങൾ അസന്തുഷ്ടനായ തുകളുടെ സുഖേട് വശിയോ ബന്ധുക്കളുടെ സുഖേടാവട്ടെ അവനവന്റെ സുഖേടാവട്ടെ കൃഷ്ണൻ പറയുന്നത് ചെയ്യാനുള്ളത് പൂർണമായും ചെയ്യൂ അപ്പോ പരിഹരിക്കാൻ വയ്യാത്ത ഒരു പോയിന്റ് വരും നമുക്ക് നമുക്കിന്നൊന്നും ചെയ്യാൻ സാധ്യമല്ല അവിടെയാണ് അപരിഹാര്യർത്ഥേ നത്വം ശോചിത്തുമർഹസി ഇതൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ ഇല്ല നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞത ഈ സത്യമെന്തെന്ന് പിടിയില്ല ഇതൊക്കെ താൽക്കാലികമാണേ എന്ന് വെച്ചൊന്നില ഉദാസീനതകേന്മാർ പരമാവധി ചെയ്യുന്നു ചിലര് ശരീരത്തെ കുറിച്ചൊക്കെ നല്ല ഉറപ്പുള്ളവരാണെങ്കിൽ ഞാൻ ശരീരമല്ല ചില കാര്യങ്ങൾ തികച്ചും നിസ്സംഗ്രഹവും ഇപ്പോൾ സാധാരണ ലൗകികന്മാർക്ക് അതൊന്നും ഒരിക്കലും സാധ്യമല്ല അവിടെയാണ് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആപത്ത് വരാതെ ഒരുപാടൊക്കെ കടം വായിച്ചാൽ കുടുംബസമേതം ആത്മഹത്യ ഇപ്പം ദിവസവും അതല്ലേ കുടുംബസമേതം ആത്മഹത്യ എന്തിനാണിത് ഇപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടമെടുത്ത ലാട്ട് കിട്ടാൻ ശ്രമിച്ചു അതിൽ നിർത്താൻ കഴിയണം ഈ സത്യബോധമുള്ള ആൾക്ക് അതാണ് അർത്ഥകാമങ്ങൾ അർത്ഥകാമങ്ങളിൽ സന്തോഷമുള്ള കാമം ഇപ്പൊ തന്നെ വലിയൊരു ലാജി കെട്ടി അതിൽ ആളുകളെ താഴ്ച്ചു കണ്ടമാനം പണമുണ്ടാക്കണം എന്നും കാമം അർത്ഥകാമങ്ങളിൽ അസന്തോഷം ഞാനിപ്പോ തൽക്കാലം തൽക്കാലം ഇത്ര യോഗം ഇനി പണം കിട്ടുമ്പോ എന്താ നിങ്ങളിത്രയും കൊണ്ട് എന്താ പണി നിർത്തിയത് അങ്ങനെയല്ല ഇത്രയൊക്കെ എന്റെ കയ്യിൽ പൈസയുള്ളൂ ഇനി പൈസ കൂടുതൽ വരട്ടെ കൂടുതൽ ചെയ്യും പക്ഷെ ഞാൻ സന്തുഷ്ടനം ഇത് പറയാൻ നമുക്ക് കഴിയണം അതല്ലെങ്കിലും പരമദുരിതമാണ് ജീവിതം കുടുംബങ്ങൾ ഇപ്പൊ കൃഷിക്കായി പടം കടം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു പത്രങ്ങൾ നോക്കിയ ദിവസവും അതാണ് എന്തിനാണത് ആത്മഹത്യ ചെയ്യാനാണോ ജീവിതം സ്വല്പം കഷ്ടപ്പെടുന്നതിനെ കഷ്ടപ്പെടത്തെ പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് അവനവനെയും കുടുംബത്തെയും അപകടത്തിലാക്കുന്ന യാതൊരു കർമ്മവും ചെയ്യില്ല ചിലർക്ക് സുക്കിടുന്നതാണ് തപോവനസ്വാമിക്ക് പാലക്കാട്ട് നിന്ന് സന്യസിച്ച ആളാണല്ലോ ക്യാൻസറൊന്നും അദ്ദേഹം നല്ല ബ്രഹ്മനിഷ്ഠനാണ് ഉറപ്പുവന്ന ബ്രഹ്മനിഷ്ഠൻ എന്നും തൻ്റെ തപോവിന കുടീരത്തിനും മുമ്പിൽ നല്ല പുഞ്ചരി തൂകി അവിടെ ഇരിക്കും അല്ല നിലവിളിക്കുകയോ കരയുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതുപോലൊന്നും വേണോ ഞാൻ പറയുന്നത് ഒന്നും നമ്മളാരും വിചാരിച്ചാൽ പെട്ടെന്ന് സാധിക്കുകയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലരും നമ്മുടെ ചിന്മയാനന്ദ സ്വാമി ഉൾപ്പെടെ അദ്ദേഹത്തോട് പോയി പറഞ്ഞു നമുക്ക് ചികിത്സിക്കണം ഇങ്ങനെ വച്ചുകൊണ്ടിരുന്ന കാര്യം പറ്റില്ല അപ്പം അദ്ദേഹം പറഞ്ഞു സാരമില്ല ഈ ശരീരം എനിക്കാവശ്യമില്ല ഇതെങ്ങനെയൊക്കെ പോട്ടെ എനിക്കിതുകൊണ്ട് ഒരു ദുഃഖവുമില്ല സന്തോഷം സന്തോഷം ക്യാൻസർ വന്നതിൽ സന്തോഷം അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല നമുക്ക് ചികിത്സിച്ചാൽ തീരൂ ശരി നിനക്ക് ദുരന്ത ബന്ധമാണെങ്കിൽ ചികിത്സിക്കാം അതിനും തടസ്സമൊന്നുമില്ല വേദാന്തമൊന്നിനും തടസ്സമല്ല ചികിത്സിക്കാം ശരി എവിടെയാണ് നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അത് മദ്രാസിൽ നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത് നമുക്ക് അവിടെ പക്കളാം ഏറ്റവും നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണോ അല്ല അതല്ല ഇംഗ്ലണ്ടിൽ പോയാൽ കുറെ കൂടെ നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എന്നാൽ നമുക്ക് അവിടെ പോകാം എന്തായാലും ചികിത്സിക്കാൻ തീരുമാനിച്ച ശ്രദ്ധിക്കുക നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചികിത്സിക്കാം ഒരാവശ്യവും അദ്ദേഹത്തിന് ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു ചികിത്സിക്കാം അല്ല ഇംഗ്ലണ്ടിലാണോ ഏറ്റവും നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അമേരിക്കയിലാണ് ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സയുള്ളത് എന്നാൽ പിന്നെ നമുക്ക് അമേരിക്കയിൽ പോകാവുന്നു ശരി തയ്യാറായിപ്പോളെ എന്നാണ് പോവേണ്ടതെന്ന് വെച്ചാൽ പോക്കളാം ഒളിവിലദ്ദേഹം ചോദിച്ചു അപ്പോ ഞാൻ നിങ്ങളുടെ ഇവിടെ വരാം എന്നാൽ ഈ ക്യാൻസർ രോഗം നല്ലവണ്ണം ചികിത്സിച്ച് ഭേദം ആകുമേ അപ്പൊ പറഞ്ഞു അല്ല സ്വാമി ക്യാൻസർ അങ്ങനെ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു ചോക്കേടല്ല അദ്ദേഹം ചിരിച്ചു എന്നാ പിന്നെ ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ ഉടങ്ങി വരുന്നത് ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കട്ടെ ക്യാൻസർ പൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല പറ്റില്ലേ വേണ്ട ഭേദമാക്കണമെന്നെനിക്ക് താല്പര്യമില്ല നിങ്ങള് ഒക്കെ നിങ്ങളെ പാട് നോക്കി പൊക്കോളിൽ എന്ന് പറഞ്ഞയറ്റൊന്ന് കേട്ടിട്ടുണ്ടേ അത്രയൊന്നും നമുക്ക് സാധ്യമല്ല നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഏത് പ്രശ്നത്തിലും രോഗത്തിൻ്റെ പ്രശ്നത്തിലല്ല വീട് വയ്ക്കുന്ന കാര്യങ്ങൾ സുഖസാമഗ്രികൾ വാങ്ങുന്ന കാര്യത്തിൽ ഭക്ഷണ കാര്യത്തിൽ പോലും എന്താ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നും വേണമോ അനുസോദിച്ചാൽ എന്നും വിഭവ സമൃദ്ധമായാൽ പണമൊക്കെ പിന്നെ അല്പം ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതാവും അത് നോക്കിക്കോളണം എന്തിന് ഈശ്വര കാര്യത്തിൽ പോലും ഈ ഒരു വിവേകമില്ലെങ്കിൽ ജീവിതം പരമദുരിതമാണ് ഞാൻ പറയുന്നത് വാമനൻ പറയുന്ന നിയമം നിയമമാണ് പുരുഷന് സംസാരബന്ധമെന്ന് പറയുന്നത് അർത്ഥകാമങ്ങളിലുള്ള അസന്തോഷം ുംസോയെന്ന് സംസ്കൃതയെ ഹേതുഹോ ച ഈശ്വരകാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ചില ആരൊക്കെ അറിയണം ദിവസേന മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകണം എന്ന് തീരുമാനിച്ചു മാസത്തിലൊരിക്കൽ പോയാൽ തീരും അത് നല്ല ടൂറിസ്റ്റ് കാറെല്ലാം പിടിച്ച് ഗുരുവായൂർ പോവുക പണം കയ്യിൽ ഇല്ലെങ്കിൽ കടം വാങ്ങുക ഞാൻ ചോദിച്ചു എന്താ ഗുരുവായൂർ കൃഷ്ണൻ ഇവിടെയുമില്ലേ ഇത് പേരൂ കൃഷ്ണനുണ്ട് പേര് പലടത്തും അല്ലാതെ ഗുരുവായൂർ കൃഷ്ണന്റെ അത്വ ശക്തി മറ്റു കൃഷ്ണന്മാർക്കൊന്നുമില്ല ഈ അറിവില്ലായ്മ കൊണ്ട് വന്ന് ചേരുന്ന ദുരിതമാണ് ഗുരുവായൂർ തന്നെ പോണം നിർബന്ധമാണ് അങ്ങനെ പോയി പോയി പൈസ കടം വാച്ചു അതിന് പരിശോ കൊടുക്കാനില്ലാതായി പരമദുരിതമായി ജീവിതം ചുരുക്കത്തിൽ കൃഷ്ണനാരെന്ന് നിശ്ചയമില്ല എന്തിനു പോകുന്നു നിശ്ചയമില്ല നല്ല അറിവുള്ളവരാണ് അറിവുള്ളവരാണ് എന്നിട്ടും ആ സമ്പ്രദായം തന്നെ തുടരുന്നു എന്തിനാണിത് അല്പവാരി ഉണ്ടെങ്കിലും പിന്നെ അവിടെ ഇഷ്ടംപോലെ പണം ചെലവാക്കുക കോവിലിൽ ഭഗവാന് വേണ്ടി പണം കടം വാങ്ങിച്ച് ചിലവാക്കുക ഈ സത്യമൊക്കെ പിടിയുള്ള ഒരാൾ ഭഗവാന് വേണ്ടിയൊന്നും ഒരു പൈസ പോലും കടം വാങ്ങില്ല ആരാൾ കൃഷ്ണൻ പറയുന്നു എന്ന് ഒരു പൂവോ ഇലയോ ഒരു തുള്ളി വെള്ളമോ അർജുന എന്നെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയക്ഷത്തി അവിടുന്ന് ഞാൻ ഒരു ചെടിയുടെ ഒരേലം കുറിച്ച് എന്നെ അർച്ചിക്കൂ സത്യമറിയാമെങ്കിൽ അതുപോലും എന്താ ഒക്കെ ഭഗവാനാണെന്ന് തീരുമാനിച്ചാൽ മതി എന്തെളുപ്പം ഇല്ല സത്യം നിശ്ചയമില്ല ഭഗവാനെ പൂജിച്ച് തീരൂ പുഷ്പം ഭോയം തോയം ഫലം വ്യോമേ ഭക്തി പ്രയച്ചത്തി വെള്ളനെ വെള്ളിയും കിട്ടുമല്ലോ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി വെള്ളം അർജുന എടുത്ത് എനിക്കർച്ചിക്കൂ മതി ഭക്തിയോടുകൂടി ചെയ്യൂ ഞാൻ നിശ്ചയമായിട്ടും പ്രസന്നനാവും അക്കാര്യത്തിൽ സംശയമൊന്നുമല്ല തദ്ഹം ഭക്തി ഉപഹൃത്തം അശ്ലാമേ ഭക്തിയോടുകൂടി എനിക്ക് തരികയാണെങ്കിൽ ഞാനത് നിശ്ചയമായിട്ടും അനുഭവിക്കും ഞാൻ നിശ്ചയമായിട്ടും പ്രസന്നനാവും ലീതാവും പറയാം അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ത്രിഭുവനങ്ങൾക്കും ഉളമസ്ഥനായ ഭഗവാന് നമ്മള് പൈസ കൊടുക്കുകയോ എന്തൊരു നേരം പോക്കാണിത് ചിലര് എന്താ പൈസ നോട്ട് കെട്ടുകളെണ്ണം അതൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി അതി അജിതാത്മാ മനസ്സിൽ നിന്ന് എന്തെണ്ണം ഇല്ലെന്നത് വഴികളിൽ കൂടി കണ്ടമാനം പണം ഉണ്ടാക്കി സ്വൈരമില്ല എന്നാ പോട്ടെ തിരുപ്പതി ഭണ്ഡാരത്തിൽ കൊണ്ടിരുന്നിട്ടു ഇതല്ലേ ഇപ്പൊ നടക്കുന്നത് ഇതെന്റെ അഭിപ്രായമല്ല സാക്ഷാൽ കൃഷ്ണന്റെ അഭിപ്രായമാണ് ഇതിലപ്പുറം ഒരപകടം ചെയ്യാനില്ല ഈ സത്യം മനസ്സിലാക്കുക സർവത്ര മനസ്സ ഈശ്വരനെ കാണാൻ കഴിയുമെങ്കിൽ അതിലപ്പുറം ഒരീശ്വര പൂജ മറ്റൊന്നുമില്ല മറ്റൊന്നും ഇത് ആചാര്യസ്വാമികളും മറ്റും പറയുമല്ലോ ജഗോ ജൽപ്പഹ ഞാൻ പലരുമായും പലതും സംസാരിക്കും ഭഗവാനെ അതൊക്കെയായി ഭഗവം എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി ചിലരോട് സംസാരിക്കുന്നത് അല്പം പരദൂഷണമായിരിക്കും എന്നുവെച്ചാൽ വീട്ടിലൊന്നും അവരെ സന്തോഷിപ്പിച്ചയക്കണമെങ്കിൽ അവരുമായിട്ട് പരദൂഷണോ രാഷ്ട്രീയമോ ഒക്കെ ആയിരിക്കും എന്താ ദോഷം എന്തു പറഞ്ഞാലും ഭഗവത് സ്തുതി എന്ത് കേട്ടാലും യാതൊന്നു കേട്ടതത്തു നാരായണസ്തുതി യാതൊന്നു ചൊൽവതത്തു നാരായണജപം ജപോ ജൽപ്പഹ ശില്പം സകലമഭി മുദ്രാ വിരചന ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സകല കർമ്മവും ഭഗവത് പൂജയ്ക്കുള്ള മുദ്ര ഞാൻ അത് കൂടുതൽ പറയുന്നില്ല ഈ സത്യം ഉൾക്കൊള്ളു ഇവിടെ കാണുന്നതൊക്കെ ജഗതീശ്വരൻ നോക്കിയാൽ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും കാണാനില്ല ആ ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം മതി അതിനേക്കാൾ വലിയൊരു പൂജ മറ്റൊന്നും ചെയ്യാനില്ല മറ്റൊന്നും അതുകൊണ്ടാണ് ഇവിടെ വാമനൻ ഇത്രയെങ്കിലും പുംസോയം സംസ്കൃതേർ ഹേതു അസന്തോഷവും അർത്ഥകാമയോ അരയോ മഹാബലേ അർത്ഥത്തിലും കാമത്തിലുമുള്ള അസന്തോഷമാണ് സംസാരം അതങ്ങനെപ്പോ അസന്തോഷം മനസ്സിനെ പഠിപ്പിച്ചു എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് അതൊന്നും വേണ്ടെന്നില്ല കൂടുതൽ മുടക്കി നാരു ബിസിനസ് ഇത്ര കോടി വർദ്ധിച്ചു ന്യായമായിട്ടാണെങ്കിൽ വർദ്ധിക്കട്ടെ ഒരു ദോഷവും ഇല്ല പക്ഷെ എന്തു ചെയ്തും ഞാൻ വർദ്ധിപ്പിക്കും മറ്റുള്ളവരുമായി അനിയൻ ചേട്ടന്മാർ പോലും വഴക്കടിച്ചു മത്സരിന്നു വളരെ നല്ലത് എന്തിന് ഈ വഴക്കടിക്കുന്നത് ചെയ്യാവുന്നത് ഭഗവത് പൂജയായി ചെയ്യുക ഇതൊക്കെ ഗംഭീരമായ ജീവിത തത്വങ്ങളാണ് ഇതൊന്നും നാം നടപ്പിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഗീത വായിച്ചതുകൊണ്ടോ വാശിഷ്ടം വായിച്ചതുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല വംസഹോ എൻ സംസ്കൃതർ ഹേതുഹോ അസന്തോഷോ അർത്ഥകാമയോ ഇവരി തന്നെ ഓർമ്മിച്ചിരിക്കുക എതിർച്ഛയോപന്നേഷു സന്തോഷോ മുക്തയെ ജോലി ചെയ്ത് ന്യായമായി കിട്ടുന്ന എതിർച്ചയോ ഉപപന്നം എന്ന് പറഞ്ഞാൽ വഴിയിൽ കളഞ്ഞു കിട്ടുന്നത് നല്ല അർത്ഥം അവനവൻ ചെയ്യേണ്ടത് ചെയ്ത് ന്യായമായി കിട്ടുന്നതിൽ സന്തോഷം അനുഭവിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് മുക്തി എന്നുവെച്ചാ അവിടെ വേറെ ഒരു പ്രശ്നവുമില്ല ഇത്രയുള്ളൂ ഇത്രയും കിട്ടി മതി അപ്പോ യദർച്ഛയോ ഗവന്നേഷു സന്തോഷോ മൃത്തയെ സ്മൃത്തുക അല്ലയോ മഹാബലേ എനിക്ക് മൂന്നടി മണ്ണേ ആവശ്യമുള്ളൂ ഞാൻ അതിൽ കൂടുതൽ അങ്ങയോട് വാങ്ങിക്കാൻ പോകുന്നില്ല കൃഷ്ണനും ഗീതയിൽ പറയുന്നുണ്ട് യർച്ഛാലാഭസന്തുഷ്ടോ ച അവനവൻ ന്യായമായി അനുഷ്ഠിക്കുന്ന കർമ്മത്തിന് കിട്ടുന്ന ഫലം കൊണ്ട് സന്തുഷ്ടൻ കൂടുതൽ കിട്ടണ്ട എന്നല്ല ന്യായമായി ചെയ്യാവുന്നത് ചെയ്ത് എത്ര വേണോ നേടൂ സാമ്രാജ്യം കെട്ടിപ്പടുക്കൂ പക്ഷെ അന്യായം ആകരുത് ആർത്തിയോടുകൂടി ആകരുത് മനസ്സിൽ നിയന്ത്രണമില്ലാതെ ആകരുത് ആയാൽ എത്ര സാമ്രാജ്യം കെട്ടിപ്പടുത്താലും പരമ ദുഃഖം ചരിത്രം തന്നെ നോക്കുക ചരിത്രം ഈ പുരാണമൊന്നും വേണ്ട ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം ഹില്ല ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ഗംഭീരമായിട്ട് മുമ്പോട്ട് നീങ്ങി ഗംഭീരമായിട്ട് റഷ്യയും അമേരിക്കയുമൊക്കെ കിടുകിട അത് വിറച്ചു പക്ഷേ വിളച്ചെന്നെത്തി ഒടുവിൽ സ്വന്തം തോക്ക് സ്വയം വെടിവെച്ച് മരിച്ചു എന്തിനാ അത് അത് ഒരാതിലുമില്ലാത്ത കാമവുമായി മുമ്പോട്ട് പോകുന്നവന് ഒടുവിൽ ജീവിതത്തിൽ ഇത് വേണ്ടിവരും അലക്സാണ്ടർ സാമ്രാജ്യങ്ങൾക്ക് കിടക്കി പക്ഷെ അദ്ദേഹത്തിന് ഡൽഹിയിൽ വന്നപ്പോ ഏതാനും ചില വേദാന്തികളുമായിട്ടൊക്കെ അല്പം പരിചരിക്കാനും വേദാന്തം പഠിക്കാനും സന്ദർഭമുണ്ട് അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ആക്രമണങ്ങൾ നിർത്തിവെച്ചു എന്നല്ല ഒടുവിൽ പറഞ്ഞു എന്നാണ് മരണാനന്തരം എന്റെ ശവശരീരം കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈകളും പുറത്തിട്ടേക്കണം ശവപ്പെട്ടിയുടെ പുറത്ത് എന്തിനാ ഞാൻ സാമ്രാജ്യങ്ങൾക്ക് കിഴക്കി പക്ഷേ ഒരു മണൽത്തരി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ ഉള്ളു എന്തൊക്കെ നേടിയാലും െത്ര കണ്ട് സമ്പത്തു കൂടുതൽ നേടുന്നുവോ മനസ്സിനെ സന്തോഷം പഠിപ്പിക്കാതെയാണ് നേടുന്നതെങ്കിൽ പെടഞ്ഞ് പെടഞ്ഞു മരിക്കാനേ പറ്റൂ സന്തോഷം പഠിപ്പിക്കുന്നില്ലെങ്കിൽ എപ്പോഴും സന്തോഷം പഠിപ്പിക്കുക മനസ്സിനെ സന്തോഷമാണ് ബ്രഹ്മാനന്ദം എന്തായാലും സന്തോഷം പഠിപ്പിക്കുക പറയുന്നത് സച്ചിതാനന്ദം ബ്രഹ്മ ആനന്ദമാണ് ബ്രഹ്മം നിങ്ങളെവിടെ ആനന്ദം അനുഭവിക്കുന്നു അത് ബ്രഹ്മാനുഭവം മനസ്സിനെ വേണ്ട പോലെ സത്യം പഠിപ്പിച്ച് ആനന്ദിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കലും ദുഃഖമില്ലാത്ത ആനന്ദം അതാണ് ബ്രഹ്മാനുഭവം ി ബ്രഹ്മാനുഭവം ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നാളുകൾക്ക് ഒരു നിശ്ചയുമില്ല എപ്പോഴും അതിരറ്റ ശാന്തിയും ആനന്ദവും അതിരറ്റ ശാന്തി ആനന്ദം ഒരാൾ ചോദിക്കുകയാണ് എന്താ ഇപ്പൊ ജീവിതമൊക്കെ സുഖമാണോ പരമസുഖം അല്ല ചില സൂക്കുകളൊക്കെ ഉണ്ടല്ലോ ആ ഒന്നും സാരമില്ലാതൊക്കെ ആർക്ക് തടയാൻ കഴിയും ശരീരം ജഡം ജീർണ്ണിക്കുന്ന ജഡം അതിന് വന്നു ചേരുന്ന കേടുപാടുകളൊക്കെ അവർക്ക് തടയാൻ കഴിയും ഞാൻ ജഡമല്ല എന്നൊരാളിനെ ഉറപ്പുണ്ടെങ്കിൽ പരമസുഖം ഇതാണ് കൃഷ്ണൻ പറയുന്നു എതിർച്ഛാലാഭസന്തുഷ്ടോ ഗീത ഇത് ഗീത എതിർച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ രണ്ടില്ലിവിടെ ഉറപ്പിക്കൂ രണ്ടില്ല ഉറപ്പിച്ചാൽ ഭഗവാൻ പറഞ്ഞതുപോലെ രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മം ചെയ്യാം കർമ്മം ചെയ്താൽ ഉള്ളിൽ പ്രസന്നത വരും പ്രസാദെ സർവദുഖാനാം ഹാനെ ഈത് വയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനും ഞാൻ നേരം വെളിത്തായി ഇരട്ടുന്നതുവരെ ജപിക്കാം പലരും എന്നോട് ഒന്ന് പറയാറുണ്ട് സാർ ഞാൻ കാലത്തിൽ ലളിതസഹസ്രമാവും ഉച്ചക്ക് വിഷ്ണു സഹസ്രമാവും രാത്രിയാകുമ്പോൾ ശിവസഹസ്രമാവും ജപിക്കുന്നുണ്ട് വളരെ നല്ലത് അതിനൊന്നും ഒരിക്കലും കുറ്റം പറയുക പക്ഷെ സന്തോഷമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ശാന്തി അനുഭവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ജപിച്ചിട്ടെന്ത് എന്തിനാണ് സമയം കളയുന്നത് എന്തിനു സമയം കളയണം സന്തോഷം അനുഭവിച്ചുകൊണ്ടത് വേറെ എന്തു പറഞ്ഞാലും ജപം നാണാചാര്യസ്വാമികളും മറ്റും പറയുന്നത് ബ്രഹ്മജപം അതിനെന്തു വേണം കൃഷ്ണൻ പറയുന്ന എദർച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീത്തോ ഇതെവിടെയും കൃഷ്ണൻ പറയുമേ ഗീതയിൽ രണ്ടില്ലയുടെ ഇവിടെ ഒരു ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതൊറപ്പിക്കാൻ എന്താ തടസ്സം അല്പം ശാസ്ത്രീയമായി സത്യം വിചാരം ചെയ്യൂ ബോധമാണ് ബ്രഹ്മം ബോധം ബോധമില്ലേ ഇവിടെ യാതൊന്നുമില്ല അതുകൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മം സർവം ബ്രഹ്മമയം കിം ഭോക്തവ്യം കിം അഭോക്തവ്യം എന്തു ഭക്ഷിക്കാൻ എന്ത് ഭക്ഷിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടല്ലേ മഹാബലി എവിടെയാണ് എത്തിയത് അദ്ദേഹത്തിന് സുഖദുഃഖങ്ങളിൽ മനസ്സിന്റെ സമന്നില്ല വിട്ടുപോകാറില്ല മനസ്സിന്റെ സമന്നല്ല ശീലിക്കും നമ്മളെത്ര പേര് ഗീത വായിക്കുന്ന ആളുകളിൽ നമ്മൾ നമ്മളൊക്കെ ഗീത വായിക്കുന്നുണ്ടല്ലോ എത്ര പേരാണ് ഈ മനസ്സിൻ്റെ സമനില അഭ്യസിക്കുന്നവർ സമനില എന്ന് പറഞ്ഞാൽ രാഗന്ദ്വേഷങ്ങളില്ലാതെ ഏത് പരിതസ്ഥിതിയിലും ഏത് ചുറ്റുപോണിലും ക്ഷോഭിച്ചെളവുകയോ സന്തോഷിച്ചു തുള്ളിച്ചാടുകയോ ചെയ്യാതെ സർവം ഈശ്വരമയമെന്ന് ഓർമ്മിച്ച് ശാന്തനായി പുഞ്ചിരി തൂങ്ങി ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ ജീവിക്കാൻ ഈ സമനില നേടുന്ന ഒരാൾ സൃഷ്ടിയെ ജയിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് അങ്ങനെ സൃഷ്ടിയെ ജയിക്കാൻ കഴിയുന്ന ആ സമനില തന്നെയാണ് ബ്രഹ്മാനുഭവം നമ്മൾ എത്ര പേർ ഇതിന് ശ്രമിക്കുന്നുണ്ട് മനസ്സിന്റെ സമനില കാലത്തെ വീട്ടിൽ എണീറ്റോ നമുക്ക് ശ്രമിച്ചു നോക്കാൻ വീട്ടിൽ പല പ്രശ്നങ്ങളും വരാറുണ്ട് ഞാൻ ദേഷ്യപ്പെടില്ല ഞാൻ പറയേണ്ടതൊക്കെ പറയും പക്ഷേ കോപം പലരും എന്നോടൊന്ന് പറയാറുണ്ട് സാർ ഇപ്പൊ കോപമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ കോപം എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതിവേഗം ബ്രഹ്മത്തോട് ആത്മാനന്ദത്തോട് അടുക്കാൻ കഴിയും പക്ഷെ എത്ര പേർക്കത് സാധിക്കും മറ്റെല്ലാം ഉണ്ട് പണവും ഒക്കെ കൂടിയപ്പോൾ കോപം അതുപോലെ കൂടിയിരുന്നു അതുപോലെ നേരം വഴിച്ചഴിച്ചാൽ കോപിക്കാനേ സമയമുള്ളൂ അങ്ങനെയാണ് നമ്മള് ഗീതയും മറ്റും പ്രാവർത്തികമാക്കുന്നത് ഇഹൈവത്തൈർ ജിതസർഗവും ഭഗവാൻ അതൊക്കെ പറഞ്ഞു വെച്ചു അർജുന ഇവിടെ വച്ച് അവർ സൃഷ്ടിയ ജയിക്കുന്നു ഏഷവം സാമ്യസ്ഥിത്ത മനഃ ആരുടെ മനസ്സാണോ സമനിലയിൽ എത്തി നിൽക്കുന്നത് ഇതിന് ഉദാഹരണമുണ്ടോ സ ഉണ്ട് ഭാഗവതത്തിലൊക്കെയാണെങ്കിൽ വ്യാസൻ ഭീഷ്മർ ഇവരൊക്കെ ഈ സമനില നേടിയവരാണ് എന്ന് വിചാരിച്ചവരും മിണ്ടാതിരിക്കുകയല്ല ദുര്യോധനനോട് കൂടെ കൂടെ വിളിച്ച് ഭീഷ്മർ പറയും ദുര്യോധന പാണ്ഡവർക്ക് കൊടുക്കാനുള്ള കൊടുത്തേക്ക് അല്ലെങ്കിൽ സർവനാശം അയാൾ കേൾക്കില്ല കേട്ടില്ല എന്ന് വെച്ചും മനസ്സിന് സമനില തെറ്റുന്നില്ല ഇതാണ് സമനില കേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടും കേട്ടില്ല ഇനി ഞാനെൻ്റെ മുഖത്ത് നോക്കില്ല അങ്ങനെ ഒന്നും ഇല്ല ഇത് മുഖത്ത് നോക്കിയാലെന്താ ഒരു കുഴപ്പമില്ല ഇന്നലെ പറഞ്ഞു കേട്ടില്ല ഇന്നും പറയാം പറയുന്നു ഭീഷ്മര് ശരശനത്തിൽ കിടക്കുമ്പോൾ ദുര്യോധന പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തു അവിടെയും സമനന്ദ പലരും ഭീഷ്മരെ നിരൂ നിരൂപണം ചെയ്യാറുണ്ട് ഇതൊക്കെ പറഞ്ഞ ആള് ദുര്യോധന പക്ഷത്തു നിന്ന് എങ്ങനെ യുദ്ധം ചെയ്തു എവിടെ നിന്ന് യുദ്ധം ചെയ്താലെന്താ ഭഗവാൻ നിൽക്കുന്നടം ജയിക്കും നല്ല ഉറപ്പാണ് ഭീഷ്മർക്ക് ദുര്യോധന പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്താൽ കൂടെ കൂടെയെങ്കിലും അയാളോട് പറയാമല്ലോ എടാ ദുര്യോധന പകുതി രാജ്യം അവർക്ക് കൊടുക്കുക ഏ അതയാള് കേൾക്കുന്നില്ലല്ലോ കേട്ടില്ലെങ്കിൽ കേട്ട എന്റെ ജോലി ഞാൻ ചെയ്യുന്നു അയാളുടെ ജോലി അയാൾ ചെയ്യണം ശരശയനത്തിൽ കിടക്കുമ്പോൾ ഭീഷ്മർ പറയുന്നു ദുര്യോധന പകുതിരാജ്യം അവർക്ക് കൊടുക്ക് കൊടുക്കില്ല സർവനാശം അനുഭവിക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ ഈ സമന്നല്ല നടപ്പാക്കാൻ ശ്രമിക്കുക കാലത്തെ എണീറ്റു വീട്ടിൽ സർവമീശ്വരമയം ഉറപ്പിച്ചുകൊണ്ട് പരമാവധി ദേഷ്യം വരാനുള്ള സന്ദർഭങ്ങളിൽ ദേഷ്യം വരില്ല ദേഷ്യം കൊണ്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല ഏത് പ്രശ്നവും കോപം കൊണ്ട് കൂടുതൽ വികൃതമായിത്തീരുകയേ ഉള്ളൂ ഇന്നുമുതൽ ഇത് ഓർമ്മിക്കുക എന്നല്ല മനസ്സിന്റെ സമനില കുറച്ചു വന്നാൽ സൃഷ്ടിയെ ജയിക്കുന്നു എന്നുവെച്ചാൽ സൃഷ്ടിയിലുള്ള ഒരു ഘടകത്തിനും ഇനി അദ്ദേഹത്തെ ദുഃഖിപ്പിക്കാൻ സാധ്യമല്ല മനസ്സമനിലയിൽ എത്തിയ ആളല്ല നിർദോഷമിഷി സമം ബ്രഹ്മം സമനിലയിൽ എത്തിയ ചിത്തം തന്നെയാണ് ബ്രഹ്മം ഗീതയിൽ കൃഷ്ണൻ പറയുക നിർദോഷമുഹി സമം ബ്രഹ്മ തസ്മാ ബ്രഹ്മണിത്തെ സ്ഥിത്ത അതുകൊണ്ട് മനസ്സിന്റെ സമനിലയിരുത്തിയവർ ബ്രഹ്മ അനുഭവം കിട്ടിയവരാണ് അല്ലാതെ ബ്രഹ്മാനുഭവത്തിനുവേണ്ടി വേറെയൊന്നും ഓടിമടക്കിയൊന്നും എന്താ അതാണ് കൃഷ്ണൻ എതിർച്ഛയാതിർച്ചാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീത്തോ രണ്ടില്ല വിമത്സര അതുകൊണ്ട് തന്നെ ആരോടും മത്സര്യമില്ല അങ്ങനെയുള്ളയാൾ രാപകര ശരീരം കൊണ്ട് കർമ്മം ചെയ്യട്ടെ കർമ്മം ചെയ്യാം ആ കർമ്മം അദ്ദേഹത്തിന് ബന്ധനമായി ഭവിക്കുന്നില്ല ഇതാ ഇവിടെ നോക്കണം പാമനൻ മൂന്നടി ചോദിച്ചു എത്ര വേണോ അളന്നെടുത്തുള്ളൂ അദ്ദേഹം പറഞ്ഞു എനിക്കാവശ്യമില്ല എനിക്ക് മൂന്നടി കൂടുതൽ ആവശ്യമേ ഇല്ല അപ്പോ ഈ സമയമായപ്പോൾ ഗുരുവിന് മനസ്സിലായ ശുക്രനും ഇയാൾ വാമനല്ല അസുരന്മാരുടെ ജന്മശത്രുവായ വിഷ്ണുവാണ് വന്നിരിക്കുന്നത് മഹാബലിയെ വിളിച്ചു പറഞ്ഞു ഇടൈ ഇത് നിന്റെ ശത്രുവാണ് ഒരിക്കലും കൊടുക്കരുത് എന്തെല്ലാം അന്യായങ്ങൾ പറയുന്നുവെന്ന് അറിയാമോ അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുപോയല്ലോ അതൊന്നും സാരമില്ല ചില അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ കള്ളം പറയാം എന്ന് കള്ളം പറയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് ശുക്രൻ വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല കൊടുക്കരുത് അതാണ് ഭഗവാനാണ് മഹാബലി ചോദിക്കുന്നത് അങ്ങൊക്കെ ബ്രഹ്മനിഷ്ഠനല്ലേ അങ്ങൊക്കെ പൂജിക്കുന്നത് ഈ ഈശ്വരനെ അല്ലേ അങ്ങേക്കറിഞ്ഞൂടെ ഇതൊക്കെ ഒരു ഇന്ദ്രജാലമാണ് ഇതൊക്കെ അത്യന്തം നിസ്സാരമാണെന്ന് അങ്ങേക്കറിയാമല്ലോ പിന്നെന്താ അങ്ങ് എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നത് അതൊന്നും ശുക്രൻ കേട്ടില്ല ശുക്രൻ ശാപിച്ചു നിന്റെ ഐശ്വര്യമെല്ലാം അതിവേഗം നഷ്ടമാവും ഇതായിരുന്നു ശാപം എന്തായാലും ഗുരുണ അവിടെയും ഇതാണ് സമനില മഹാബലിയുള്ള സമനില അസുരചക്രവർത്തിയുള്ള സമനില അതേ എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ നിന്നും ഇനി മാറുന്ന പ്രശ്നമില്ല എന്തുകൊണ്ട് മാറുന്നില്ല ഭഗവാനാണ് െല്ലാം പിടിച്ചു വാങ്ങാൻ വന്നിരിക്കുന്നതെങ്കിൽ ഒരു ഗുരു വിചാരിച്ചാലും അതിനെ തടയാൻ സാധ്യമല്ല എന്നും അറിയാം അതുകൊണ്ടും ഉണ്ടാവും ഏവം ശബ്ദസ്വഗുരുണ ഗുരു ഇങ്ങനെ ശപിച്ചു എന്നിട്ടോ സത്യം നച്ചലിതോ മഹാൻ മഹാനായ മഹാബലി ഇതൊക്കെ ചുമ്മാ വായിച്ചുപോയാൽ പോരാ ഇവിടെ എന്താ സമനല്ല താൻ പറഞ്ഞ വാക്കിൽ നിന്നും ലേശം പോലും മഹാബലി ചലിച്ചില്ല സത്യന്ന ചലിത്തോ മഹാൻ മഹാനായ ബലി ഗുരുവാണ് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഭഗവാനാണ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് സത്യത്തിൽ നിന്നും ഞാൻ മാറിയില്ല ചലിത്തോ മഹാൻ എന്നിട്ട് ഒടുവിൽ മനായ ദേ നാം അർച്ച ഉദകപൂവകം വാമനന് വേണ്ട പോലെ പൂജിച്ച് ദാന നേർ വാർത്ത് മൂന്നടി ഭൂമി വാമനന് ദാനം ചെയ്തു അപ്പോഴേക്കും വാമനൻ ഭൂമി അളക്കാൻ തീരുമാനിച്ചു എന്താ വിശ്വരൂപനായി മാറി ഒരു കൊച്ചു പൊക്കലില്ലാത്ത ബ്രഹ്മചാരി വിശ്വരൂപനായി മാറുന്നു മാറിയിട്ട് രണ്ടടി കൊണ്ട് ഒരടി കൊണ്ട് ഭൂമിയും മറ്റൊരടി കൊണ്ട് സ്വർഗവും അടന്നു മൂന്നാമത്തെ അടിവയ്ക്കാൻ സ്ഥലം ഇല്ല അപ്പോ വാമനൻ വിശ്വരൂപനായി മാറിയപ്പോ മഹാബലിയുടെ അരുചരന്മാർ നല്ല ബലവാന്മാർ അസുരന്മാർ അവർക്ക് മനസ്സിലായി ഇയാൾ കളിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അവരൊരുമിച്ചുകൂടി വാമനനെ എതിർക്കാൻ ഭവിച്ചു അപ്പോഴേക്കും വിഷ്ണുവിന്റെ അനുചരന്മാരും യുദ്ധത്തിന് തയ്യാറായി വിഷ്ണുവിന്റെ അനുചരന്മാരുടെ എതിർപ്പ് ചെറുത്തു നിൽക്കാൻ കഴിയാതെ മഹാബലിയുടെ അനുചരന്മാർ പലായനം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം അവരെയൊക്കെ അടുത്തു വിളിച്ചു അടുത്തുള്ളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്തായാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാരും ഇവിടെ യുദ്ധം കൊണ്ട് ഒരു പ്രയോജനമില്ല ഭഗവാനാണ് വന്നിരിക്കുന്നത് നമ്മൾ നിന്നെല്ലാം പിടിച്ചുവാങ്ങാൻ യ പ്രഭുസർവൂത്ത സുഖദുഃഖോപഭക്തയെ തം നാതിവർത്തിത്തും ദൈത്യാഹ പൗരുഷൈരീശ്വരപുമാൻ ഇതൊക്കെയാണ് ചില സത്യമുറപ്പ് വന്നാൽ നമുക്ക് വ്യക്തമായി കിട്ടുന്ന ചില നിയമങ്ങൾ ചുറ്റുപാട് നമുക്കനുകൂലമല്ല ദൈവം നമുക്ക് അനുകൂലമല്ല ഏത് കർമ്മവും ഫലിക്കണമെങ്കിൽ അഞ്ച് കാരണങ്ങൾ വേണം ഭഗവാൻ ഗീതയിൽ പറയുന്നു പതിനെട്ടാം അധ്യായത്തിൽ അധിഷ്ഠാനം തഥാ കർത്ത കരണച്ച പൃഥക്വിധം വിവിധാശ്ച പൃഥക്ചേഷ്ടൈവം ചെയ്യുവത്ര പഞ്ചമം ദൈവമെന്ന ഒരു കാരണം കൂടെ വേണം അധിഷ്ഠാനം കർത്താവ് കരണം എന്നുവെച്ചാൽ സാധനസാമഗ്രികൾ കർമ്മം ചെയ്യാനുള്ള സാധനസാമഗ്രികൾ അവകൊണ്ടുള്ള ചേഷ്ടകൾ ഇവക്ക് വേണം പക്ഷെ ഒടുവിൽ ദൈവം ചെയ്യുവത്ര പഞ്ചമം ഇവിടെ ഈ ദൈവത്തെയാണ് സത്യബന്ധം എന്നറിയാത്ത ചില ഗംഭീരന്മാർ പോലും എതിർക്കുന്നത് ഇവിടെ ഒരു വലിയ വാദപ്രതിവാദ വിഷയമാണ് ദൈവമാണോ പൗരുഷമാണോ വലുത്ത് ഇന്നും ഒരുപാട് പേർക്ക് തർക്കമാണ് ഈ പൗരുഷം പോലും ദൈവം തരുന്നതാണേ ദൈവം എന്ന് പറഞ്ഞാൽ അന്തിമമായി ഈ ബോധസത്യമല്ലേ ോധമില്ലാത്ത ഒരാളിന് പൗരുഷം വരുമോ അല്ലാതെ ഈശ്വരൻ എന്താണെന്ന് അല്പമെങ്കിലും പിടികിട്ടിയിട്ടുള്ള ഒരാൾ ദൈവമാണോ വലുത് പൗരുഷമാണോ വലുത് എന്ന ചോദ്യം തന്നെ ഒരിക്കലും ചോദിക്കില്ല ഈ ചോദ്യം രാമായണത്തിൽ അത് ഗംഭീരമായി വാൽമീകി രാമായണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീരാമനെ കാട്ടിലേക്കാൻ തീരുമാനിച്ചുള്ള ചിലത് ഭരതന് രാജ്യം കൊടുക്കാനും തീരുമാനിച്ചു ഇതൊക്കെ അറിയാവില്ല എല്ലാവർക്കും അധ്യാത്മരാമായണത്തിലെ ലക്ഷണോപദേശം ആത്മീക രാമായണത്തിൽ അത് മറ്റൊരു തരത്തിലാണ് അവിടെ ലക്ഷണം കോവാക്രാന്തനായി രാമന്റെ അടുക്കൽ വന്നു അപ്പൊ രാമൻ പനത്തിൽ പോകാൻ രാജ്യം ഭരതം ഭരിക്കട്ടെ കോവാക്രാന്തനായ ലക്ഷണം ശ്രീരാമന്റെ അടുക്കളെത്തി അങ്ങക്കാട്ടിൽ പോകാൻ പാടില്ല ഞാൻ അങ്ങേ രാജാവ് ആയ അഭിഷേകം ചെയ്യിക്കും ആ പൗരുഷം അപ്പം രാമൻ പറഞ്ഞു അനിയാ വേണ്ട ഇത് ഈശ്വരനിശ്ചയമാണ് ഈശ്വരനിശ്ചയം എങ്ങനെ അറിയാം എന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചിരുന്നവരാണ് എന്റെ അച്ഛനും കൈകയമ്മയും കൈകേയിയമ്മയ്ക്കും എന്നോട് ജീവനെപ്പോലെ സ്നേഹമായിരുന്നു പക്ഷെ ഇന്ന് നേരമ്പെടുത്ത് പോകും അവർക്കിങ്ങനെ തോന്നാൻ എന്താ ലക്ഷണ കാര്യം അതവരുടെ അതിരറ്റ കാമം ആർത്തി അങ്ങനെ ഒന്നുമല്ല ഇന്നല്ലവരെ എന്നെ ഇത്ര സ്നേഹിച്ച കൈകൈ അമ്മയ്ക്കും അച്ഛനും ഇന്നെന്നെ കാട്ടിലേക്കണമെന്ന് തോന്നി എന്ന ഇതാണ് ലക്ഷണം ഈശ്വരൻ പൗരുഷമല്ല വിധി ദൈവം ദൈവമാണ് അങ്ങനെ അവർക്കത് തോന്നിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർക്ക് തോന്നുമായിരുന്നില്ല അതുകൊണ്ട് ഈ ദൈവത്തിന് വണങ്ങാൻ ദൈവമാണ് ബലവത്ത് അവ ലക്ഷണം എന്തോര ഞാൻ സമ്മതിക്കില്ല ഞാൻ തെളിയിച്ചു തരാം ദൈവത്തെക്കാൾ പൗരുഷമാണ് വലുത്തത് ഇപ്പൊ തെളിയിച്ചു തരാം എങ്ങനെ അങ് പറയുന്നു ഇത് ദൈവേച്ഛയാണോ ആ ദൈവേച്ഛയെ ഞാനിതാ അല്പസമയം കൊണ്ട് മാറ്റിമറിച്ച് പൗരുഷം കൊണ്ട് അങ്ങനെ അങ്ങയുടെ അഭിഷേകം ഞാൻ നടത്തും അപ്പൊ പൗരുഷമാണാവലിത് ശ്രീരാമൻ വളരെ നേരം പല വാദഗതികളും ഉന്നയിച്ച് ലക്ഷണെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു തരത്തിലും ലക്ഷണം വഴങ്ങുന്നില്ല വാത്മീകരാമായണത്തിൽ ഏതാണ് രണ്ടച്ഛയം പൗരുഷമാണോ വലുത് ദൈവമാണോ വലുത് എന്ന കാര്യം ചർച്ച ചെയ്യുക എന്തു ചെയ്തിട്ടും ലക്ഷണം വഴങ്ങില്ല ഒടുവിൽ ശ്രീരാമൻ ഒരു പൗരുഷം തന്നെ കാണിച്ചു എന്നത് ദേഷ്യപ്പെട്ടിട്ടല്ല ഇയാള് കരയണം എന്നുവെച്ചാൽ ശ്രീരാമനോടുള്ള അതിലത്തെ സ്നേഹം ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണുന്ന ഒരു വാർത്ത് കരയുന്നു കരഞ്ഞോണ്ടാണ് പൗരുഷമാണ് പലതെന്ന് ഞാനിപ്പോ തെളിയിച്ചു തരണം ഒടുവിൽ ഒരു തരത്തിലും ഇയാൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീരാമനെന്ത് ലക്ഷണനെ കൈക്കുമ്പോൾ അടുത്തോട്ട് പിടിച്ചു പിടിച്ചിട്ട് പ്രമൃത്യ ബാഷ്പം ലക്ഷ്മണന്റെ കണ്ണുനീർ തുടച്ചു അല്ലാതെ അടിക്കാനും മറ്റുമല്ല അടുത്തോട്ട് പിടിച്ചത് ഗംഭീരമായ പൗരുഷം അവിടെയാണ് പൗരുഷം പ്രവൃത്തി ബാഷ്പം പരിസാന്ത്വിച്ച അസഹത് വീണ്ടും വീണ്ടും ലക്ഷണനെ സമാധാനിപ്പിച്ചു ലക്ഷണ വേ നമുക്ക് രാജ്യം ഭരതൻ ഭരിക്കട്ടെ ഞാൻ കാട്ടിൽ പോവാൻ തീരുമാനിച്ചു പ്രവൃത്തി ബാഷ്പം പരിസാന്ത്വിച്ച അസഹൃത് സലക്ഷണം രാഘവ വംശവർധന രഘുവംശത്തെ അങ്ങേറ്റം ഐശ്വര്യസമർത്ഥനാക്കർഥമാക്കിയ ആ രാമചന്ദ്രൻ ഉവാച ലക്ഷ്മണോട് പറഞ്ഞു ഉവാച പിതൃ വളരെ ശാന്തമായി രഹസ്യം പറയും പോലെ പറഞ്ഞു പിത്രോർവചനേ വ്യവസ്ഥിതം നിബോധമാ ലക്ഷ്മണ ജ്ഞാന അച്ഛന്റെ വാക്ക് കേൾക്കാൻ തീരുമാനിച്ചു പിത്രോർ വചനെ അച്ഛനമ്മമാരുടെ വാക്ക് കേൾക്കാൻ ഞാൻ തീരുമാനിച്ചു വചനെ വ്യവസ്ഥിതം നിബോധമ്മ ജ്യേഷ്ഠൻ എന്താ അങ്ങനെ തീരുമാനിച്ചത് ഏഷഹി സൗമ്യ സത്പഥം ഇതാണ് ഏറ്റവും നല്ല മാർഗം ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള സത്പഥം ഇതു മാത്രമാണ് ശാന്തമായിട്ട് ഇത്രയും പറഞ്ഞതിനെന്താ അർത്ഥം ലക്ഷ്മണ നിന്റെ പൗരുഷം യുദ്ധത്തിലൊക്കെ ഉള്ള പൗരുഷം കാണിക്കണമെങ്കിൽ ഇനി എന്നോടൈക്കോ അച്ഛനോടും അച്ഛനോടും അമ്മയോടും ഭരതനോടും ഒന്നും വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഷഹി സൗമ്യ സത്പഥ അവിടെയാണ് പൗരുഷം ആ തീരുമാനമാണ് പൗരുഷം ശ്രീരാമന്റെ ആ തീരുമാനം അതിഗംഭീരമായ പൗരുഷം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഈ പൗരുഷത്തിന്റെ കാര്യം മഹാബലി ഗംഭീരമായിട്ട് ഇനി വരുന്ന പദ്യങ്ങളിൽ പറയുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം അപ്പൊ എന്തായി കഥ തീർന്നു ലക്ഷ്മണന്റെ പൗരുഷമൊക്കെ അവസാനിച്ചു ലക്ഷ്മണന് പിന്നെ ഒരഭ്യർത്ഥനയെ കൊണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠൻ കാട്ടിൽ പോകണമെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് ഉള്ളൂ അതിനപ്പുറത്തൊരു പൗരുഷവും വേണ്ട ഈ പൗരുഷത്ത് ദൈവത്തിൽ ദൈവം മോശമാണ് പൗരുഷം കൊണ്ടെന്ന് നേടാമെന്നൊക്കെ കരുതുന്നത് ഈശ്വരന്റെ വിശ്വരൂപം ഈ അടുത്തകാലത്തെ സംഭവങ്ങൾ ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് കാട്ടിത്തരുന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്ത് നമുക്കത് മനസ്സിലാകും എന്താ സുനാമി ഇവിടെ വല്ല ശാസ്ത്രജ്ഞന്റെയും വിശ്വരൂപമാണോ ഭഗവാന്റെ വിശ്വരൂപം ഇതെല്ലാം ഇവിടെ മഹാബലിയുടെ കൈ എന്ന് മാത്രമേ എല്ലാം പിടിച്ചു വന്നുള്ളൂ സുനാമി പോലുള്ള ഭഗവാന്റെ വിശ്വരൂപം ലക്ഷക്കായിരക്കണക്കിന് ആളുകളിൽ നിന്നെല്ലാം പിടിച്ചുപാങ്ങുന്നു എല്ലാം ഭൂകമ്പം ഈ അടുത്ത കാലത്ത് തന്നെ എത്ര പ്രാവശ്യം ഇതാരുടെ വിശ്വരൂപമാണ് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെ വിശ്വരൂപമാണോ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ സകലതും നഷ്ടമാകുന്നു അമേരിക്കയിൽ ഗംഭീരമായ കൊടുങ്കാറ്റ് ഇതേവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള കൊടുങ്കാറ്റ് അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു ആ കൊടുങ്കാറ്റിന്റെ നാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതുമാത്രമല്ല മനുഷ്യന്റെ ഈ അർത്ഥകാമങ്ങൾ ഉള്ള അസന്തുഷ്ടി ആ കൊടുങ്കാറ്റടിച്ചപ്പോ അമേരിക്കയിൽ എല്ലാം തകർന്നവരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയടിച്ച് അവരെ കൊല്ലാൻ ഗംഭീരമായ പ്രവർത്തനമാണ് അമേരിക്കയിൽ നടന്നതെന്നാണ് പറയുന്നത് അമേരിക്കക്കാർ പണമില്ലാത്തവരാണോ അവരെന്തിന് ഈ പരമ ദുരിതത്തിനിടയ്ക്ക് കൊള്ളയും കൊലയും നടത്താൻ പോകുന്നു പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നേ നമ്മുടെയുള്ള സുനാമിയൊക്കെ വന്നപ്പോ അതുപോലെ ചില ആളുകൾ കൊള്ളയും കൊലയും നടത്താൻ വരുമ്പോഴു പക്ഷേ അമേരിക്കയിലെ ഈ അടുത്തകാലത്തുണ്ടായ കൊടുങ്കാറ്റ് സമയത്ത് നടന്ന കൊള്ളയും കൊലയും പോലെ മറ്റൊരിടത്തും നടന്നിട്ടില്ല എന്നാണ് അന്ന് പത്രങ്ങളിലൊന്ന വാർത്ത ഞാനിതൊക്കെ എടുത്ത് പറയുന്നത് ഈ വേദാന്തം എന്ന് പറയുന്നത് വെറും വേദാന്തമൊന്നുമല്ല ഇവിടുത്തെ നിത്യജീവിതമാണ് അത് വേണ്ടവണ്ണം ധരിച്ചുകൊണ്ട് സത്യമുറപ്പിക്കുക ഇത് വെറും ഒരു കളിയാണ് ഈ ജഗത്ത് എന്നൊക്കെ പറയുന്നത് വെറു ഒരു കളി ഇതിനാരുത്തരവാദി സുനാമിക്ക് ആരാണുത്തരവാദി കൊടുങ്കാറ്റിന് ആരാണുത്തരവാദി അതിഭയങ്കരമായ ഭൂകമ്പത്തിന് ആരാണുത്തരവാദി എല്ലാം രക്ഷിച്ചുകളയാം ഒന്നും നഷ്ടപ്പെടാതെ നോക്കിക്കളയാം എന്നൊക്കെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ ഏഴരഭാഗം കടലും അരഭാഗം ഭൂമിയും എന്നാണ് ഈ സുനാമി അല്പക്കൂടെ ശക്തി പ്രാപിച്ചാൽ ഒരു ഭൂമി മുഴുവൻ നമ്മൾ താമസിക്കുന്ന ഭൂമി മുഴുവൻ പോവും വസ്തുത നാം ധരിക്കണം ചന്ദ്രനിപ്പോണമെങ്കിൽ പോണം പക്ഷേ ഈ സത്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ യാതൊരു സംശയവും കാല ആവർത്തിച്ച് ചിന്തിക്കുക ദൈവത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് മഹാബലി സ്വന്തം മനുഷ്യരന്മാരെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഗംഭീരങ്ങളായ ചില ശ്ലോകങ്ങൾ അതൊക്കെ നമുക്ക് നാളെ ചർച്ച ചെയ്യാൻ നോക്കാം ഒന്നും പേടിക്കാൻ നിങ്ങൾ ഇവിടെ ഒന്നും പേടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഈ സത്യം മനസ്സിലാക്കുക ഇവിടെയുള്ള സത്യമുള്ള ബോധം നമ്മളതാണ് ഒരു നാശവുമില്ല അത് ജനിച്ചതല്ല അത് മരിക്കുകയില്ല ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ എന്നും ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും അതിനെ മാറ്റിമറിച്ച് നന്നാക്കി നമുക്ക് സുഖിച്ചു എന്ന് കരുതിയിട്ടൊരു പ്രയോജനവുമില്ല ഒരു പ്രയോജനം ഈ സത്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഓർമ്മിക്കുക ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത് നല്ലവണ്ണം ഓർമ്മിച്ച് ധീരമായി ഓർമ്മാന്തരം ഈ സംസാരനാടകം ഗംഭീരമായി നടിച്ച് ശരീരം ദൂരെക്കളയുക അതിനുള്ള കരുത്ത് മഹാബലിയുടെയും മറ്റും ചരിത്രം നമുക്ക് തരുന്നു ഇനി വരുന്ന ഭാഗങ്ങളിൽ മഹാബലിയുടെ ജീവിതം വാമനനെപ്പോലും അതിശയിപ്പിക്കുന്ന വാമനല്ല അതാണ് സത്യം വന്ന ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം ആ നമുക്ക് ഉറപ്പ് വരാൻ ഇടയാകട്ടെ എല്ലാവർക്കും പ്രണാമം